ഒള്ളാഹുസുബഹാനഹൂറ്റ ആല ആകാശത്തുനിന്ന് വെള്ളമിറക്കി അതിനെ ഭൂമിയിലെ ഉറവകളായി ഒഴുക്കി വിടുന്നത് നീ കണ്ടില്ലേ പിന്നീടതിലൂടെ വിവിധ വർണ്ണങ്ങളിലുള്ള കൃഷികൾ അവൻ പുറത്തു കൊണ്ടുവരുന്നു പിന്നീടത് ഉണങ്ങി മഞ്ഞ നീ കാണുന്നു പിന്നീടവൻ അതിനെ പൊടിയാക്കി മാറ്റുന്നു തീർച്ചയായും അതിൽ ബുദ്ധിമാന്മാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്